തങ്ങളുടെ മതത്തെ ഒരു വിനോദമായും കളിയായും കണ്ടവരും ഐഹിക ജീവിതം തങ്ങളെ വഞ്ചിച്ചവരുമാണവർ അതിനാൽ ഈ ദിവസത്തെ കൂടിക്കാഴ്ചയെ അവർ മറന്നതുപോലെ നാം അവരെ മറക്കുകയാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുകയും ചെയ്തിരുന്നു